ചെയ്യരെ ക്രമ അവശ്യം ആക്കുന്നു അർത്ഥാംഗമർത്തേ യോ എം അർത്ഥം പ്രാർത്ഥയ െന്താണോ ആഗ്രഹിക്കുന്നത് തദർത്ഥം ഇഹത് അത് അതിനു വേണ്ടി പ്രവർത്തിക്കും എന്താണോ അതിനുവേണ്ടി പ്രവൃത്തി ക്രമാ ഇച്ഛ പ്രവൃത്തി ജാനാതി ഇച്ഛതി എന്നത് അറിയുന്നു ആഗ്രഹിക്കുന്നു പ്രവൃത്തി അതിനുള്ള പറയുന്നു പകുതി വഴി വച്ച് മടങ്ങി പോകാതിരുന്ന ആ പ്രവൃത്തി അവസാനിപ്പിക്കാതിരുന്നാൽ അവശ്യമില്ല ശക്തം ആപ്പ് ഉറപ്പായിട്ടുള്ള ആ ഭരത്തപ്രാപി പ്യൂടന്മാരാണ് ഈ കുറിച്ചാണ് പറയുന്നത് എന്നുള്ളത് വ്യക്തമാണ് ഇതുവരെ അത് വ്യക്തമായി പറഞ്ഞില്ല എന്താണ് കർമ്മം കൊണ്ട് ജീവൻ വ്യക്തി സുഖം വരെ ലഭിക്കാമെന്ന് പറഞ്ഞു ഈ കർമ്മം എന്താണ് പിന്നെ ഇടയ്ക്ക് പറഞ്ഞ സാധുപതിഷ്ഠമാണ് ശിഷ്ടന്മാർ പറയുന്നതും ശാസ്ത്രങ്ങളിൽ പറയുന്നതും ഇതൊക്കെയാണ് കർമ്മങ്ങളെന്ന് പിന്നെ ഇവിടെ തെളിച്ചു പറയാനുള്ളത് കർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദം ഇതിഹാസം പുരാ സ്മൃതി ഇതെല്ലാം പറയുന്ന കർമ്മങ്ങളാണ് ശ്രൗതവും സ്മാർത്ഥവുമായ കർമ്മങ്ങളെ കുറിച്ചാണ് പറയുന്നത് അപ്പൊ കർമ്മത്തിലേക്ക് ഏർപ്പെടുന്ന ഒരാൾ അതിന്റെ അടുത്ത് വ്യക്തമായി പറയും അതിൽ നിന്ന് പകുതി വെച്ച് പോയാൽ കർമ്മം പൂർത്തിയാക്കണം എന്നിട്ട് സ്വർഗത്തെ ആഗ്രഹിക്കുന്നു സ്വർഗത്തിന് വേണ്ടി ഒരു കർമ്മം ആരംഭിച്ചു കഴിഞ്ഞാൽ ആ കർമ്മം പൂർത്തിയാകും എന്നിട്ടാണ് സ്വർഗം നേടണം ഇതാണ് ഈ കർമ്മം അവശ്യം ഫലം കൊടുക്കുമെന്ന് പറയുന്നതിന്റെ രഹസ്യങ്ങളാണ് കാരണം ഭേദങ്ങളും മറ്റും നിങ്ങൾ ധൈര്യമായി കർമ്മം ചെയ്യുക കർമ്മത്തെ പൂർത്തിയാക്കുക ഫലം ആവശ്യമുണ്ടാവും ഇതാണ് വൈദികരമായിട്ടുള്ളത് അല്ലെങ്കിൽ പൗരോഹിത്യവാദം ഇതാണ് ഒരുപാട് തവണ അതിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് കരിജി യാഗം ചെയ്യുന്നു മഴ പെയ്യാൻ യാഗം എല്ലാം സമ്പന്നമായി പൂർത്തിയായി ദക്ഷിണയൊക്കെ കൊടുത്ത് വാങ്ങിപ്പോയി മഴ പെയ്യല്ല കർമ്മം ചെയ്യുന്നതോ അവശ്യം ഫലമുണ്ടാവും മഴ പെയ്യാത്തതോ അടുത്ത ജന്മത്തിൽ വളരെ സിമ്പിളാണ് ഉത്തരം വൈദ്യന്മാര് തന്നെ പറയുന്ന ഞാൻ പറയുക എന്തുകൊണ്ട് അത്രയും ഉറപ്പാണ് കർമ്മം ചെയ്താൽ ഫലം തീർച്ചയായും ഉണ്ടാവും അതുകൊണ്ട് കർമ്മം പൂർത്തിയാക്കണം ഇനി കർമ്മം ചെയ്താലും ചിലപ്പം ഫലം കിട്ടാതെ രണ്ടു തരത്തിൽ കർമ്മം ചെയ്താൽ ഫലം കിട്ടാതെ വരുന്നത് പൊയന്മാർ പറയുന്നത് ഒന്ന് കർമ്മം ചെയ്തതിൽ എന്തോ ന്യൂനതകളോ അത് ഈ പുരോഹിതന്മാർക്ക് സംഗതി തെറ്റിപ്പോയി മന്ത്രങ്ങൾ ചൊല്ലിയതിലോ എന്തെങ്കിലും പ്രവർത്തിച്ചതിലൊക്കെ തെറ്റിപ്പോയാലും കർമ്മത്തിൽ പൂർത്തിയാക്കിയാലും ഫലം ഉണ്ടാകും പിന്നെ മറ്റൊന്നെന്താണ് വിഘ്നം ഈ കർമ്മത്തില് ബലം കൊടുക്കാതിരിക്കത്തക്ക പ്രബലമായ വിഘ്നം അവന്റെ കൂടുകണ്ടായി കർമ്മം എല്ലാം പൂർത്തിയായി പക്ഷെ ഫലമുണ്ടാകുന്നു പക്ഷെ ഈ പറയുന്ന ഒക്കെ എന്തിനെ സംബന്ധിച്ച് ദൃഷ്ടഫലമുള്ള കർമ്മമാണ് പ്രത്യക്ഷ ഫലമുള്ള കർമ്മമാണ് അവിടെയാണെങ്കിലും ചോദ്യം വരും ഉത്തരവാദി പുത്ര കർമ്മം ചെയ്തു പഴയകാലത്ത് രാജാക്കന്മാരെല്ലാം ചെയ്തു അവർക്ക് ചെയ്യാൻ പറ്റും പണച്ചിലവുള്ള ഒരുപാട് സ്വർണ്ണമൊക്കെ ദാനം ചെയ്യുന്നു പുരോഹിതം സാധാരണക്കാരനെ ചെയ്യാൻ പറ്റും പക്ഷെ ചെയ്തു കഴിഞ്ഞാൽ ഉത്തരം ഉണ്ടാവണം എന്നൊരു നിർബന്ധം ഉണ്ടാകാതിരുന്നാലും അവർക്ക് ഉത്തരം ഉണ്ടെന്നാണ് വിഘനം ഒരുപാട് വിക്കനം ശരി ഇനി വിഘ്നത്തെ പരിഹരിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്താലോ പുത്രം ഉണ്ടാവും ഉണ്ടാവണമെന്ന് എന്താണോ ആ ചെയ്ത കർമ്മം കൊണ്ട് വിഘ്നം പൂർണമായും പോയില്ല ഇനിയും ചെയ്യണം അങ്ങനെ ഒരു രണ്ടു മൂന്ന് കഴിയുമ്പോൾ ഞാൻ കഥ കഴിയും പിന്നെ പുത്രനും വേണ്ട ഒന്നും വേണ്ട ഇതാണ് ഈ പൗരോഹിത്യ തട്ടിപ്പെന്ന് പറയുന്നവർക്കൊന്ന് ഞാൻ നെഗറ്റീവായ കാര്യങ്ങൾ പറയുക നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന എന്താണ് വളരെ പോസിറ്റീവായ കാര്യങ്ങളാണ് ഇങ്ങനെയൊന്നും പറയുമ്പോഴല്ല നിങ്ങളുടെ മൂഢവിശ്വാസങ്ങളും ഒരു വൃത്തിയൊക്കെയാണ് നിങ്ങളുടെ അതില്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ എന്താകും നെഗറ്റീവാകും അത് എന്റെ കുറ്റമല്ലോ ഞങ്ങളുടെ ബ്രെയിനിന്റെ പരിശോധന എനിക്കൊരു ഉത്തരവാദി എന്നെ സംബന്ധിച്ച് എന്റെ ഡിക്ഷണറിയിൽ ഈ രണ്ടു വാക്കിൻ്റെ ഏതാണ് നെഗറ്റീവ് പോസിറ്റീവ് രണ്ടും ഇല്ല ഞാനും ചിലപ്പോൾ പറയാറുണ്ട് നിങ്ങൾക്ക് അങ്ങനെയൊക്കെ പറഞ്ഞാലും മനസ്സിലാവുക എന്നുണ്ട് ഈ രണ്ടു വാക്ക് ഞാൻ എത്രയോ കാലം മുമ്പേ തള്ളിക്കളഞ്ഞാണ് അനുഭവം ഞാൻ സ്വയം കണ്ടെത്തിയ രണ്ടു വാക്കുകളുണ്ട് അതുപോലെ നിങ്ങൾ മനസ്സിലാക്കണമെന്നുള്ള അല്ല പറയുന്നു എന്റെ അഭിപ്രായം പറയുകയാണ് സാർത്ഥകം നിരർത്ഥം അർത്ഥവത്തായ കാര്യങ്ങൾ ഉൾക്കൊള്ളുക നിരർത്ഥകമായ കാര്യങ്ങൾ തള്ളിക്കളയുക അപ്പോ എനിക്ക് നിരർത്ഥകമെന്ന് തോന്നുന്ന ഞാൻ ഒരു ദൈവമില്ലാതെ തള്ളിക്കളിക്കും നിങ്ങൾക്കത് നെഗറ്റീവാണോ പോസിറ്റീവാണോ ഒന്നും എനിക്കൊരു പ്രശ്നമേ അല്ല എന്നെ സംബന്ധിച്ച നിരർത്ഥകം തോന്നി അത് ഞാൻ തടുക്കും സാർത്ഥകമാണ് അർത്ഥവത്താണ് പ്രയോജനങ്ങളാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്തുകൊണ്ട് എന്റെ ബ്രെയിൻ അങ്ങനെയാണ് നിങ്ങളുടെ ബ്രെയിൻ വേറെ രീതിയിൽ ആക്രോഷിക്കും ഈ ഒരു ന്യൂറോ സയൻസിന്റെ ഒരു ആർട്ടിക്കിള് വായിച്ച് പറയും പേടിയിരിക്കുന്നത് നമ്മുടെ ബ്രെയിനിലൊരു ഇൻഫർമേഷൻ പ്രോസസിങ്ന്ന് പറയുന്ന ഒരു പരിപാടി നടന്നുകൊണ്ടിരിക്കുക അപ്പൊ നടക്കുമ്പോ അവിടുത്തെ ന്യൂറൽ നെറ്റ്വർക്കുകൾ തമ്മിലൊരു കോമ്പറ്റീഷൻ ഉണ്ടെന്നും എന്തിനാണ് ഏത് വേണം ഏത് വേണ്ട ഈ കാര്യത്തിൽ വലിയ മത്സരം നടന്നുകൊണ്ടിരിക്കുക നമ്മൾ ഇതിനകം തന്നെ അവിടെ സ്റ്റോർ ചെയ്തിരിക്കുന്ന കുറേ ഇൻഫർമേഷൻസ് ഉണ്ട് അത് വച്ചിട്ടാണ് ഏത് വേണം ഏത് വേണ്ടെന്ന് തീരുമാനിക്കുക അപ്പോ ബ്രെയിനിൽ ഏത് വേണം എന്ന് തീരുമാനിച്ച് സ്വീകരിക്കുന്നതാണ് നമ്മുടെ മെമ്മറിയെന്നു പറയും ഏത് വേണ്ടെന്നു പറഞ്ഞു കണ്ടിക്കണം എന്നാണ് നമുക്കൊരിക്കലും ഓക്കാൻ വയ്യാറ് അത് എന്റെ ബ്രെയിനും നിങ്ങളുടെ ബ്രെയിനും ഒക്കെ അതുപോലെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോ ഞാനീ പറയുന്ന കാര്യങ്ങളൊക്കെ അടുത്ത വർഷം ചോദിച്ചു കഴിഞ്ഞാൽ പല കാര്യങ്ങളും നമുക്ക് ഓർമ്മയില്ല എന്തുകൊണ്ട് നിങ്ങളുടെ ബ്രെയിൻ അതൊക്കെ വേണ്ടാന്ന് തള്ളിക്കളഞ്ഞ കാര്യം പിന്നെങ്ങനെ അത് ഓർക്കാം നിങ്ങളുടെ ബ്രെയിൻ എങ്ങനെയാണ് ഞാനത് വേണമെന്ന് പറഞ്ഞ് സ്റ്റോർ ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ് നിങ്ങളോട് പറയുക എന്തുകൊണ്ട് നിങ്ങളുടെ നെഗറ്റീവും പോസിറ്റീവും വേറെയാണ് എന്റെ സാർത്ഥകതയും നിരർത്ഥകതയും വേറെ രീതിയിൽ അവർക്ക് ചെയ്തു അതാണ് അവിടെ അതുകൊണ്ട് കർമ്മങ്ങളെ സംബന്ധിച്ചുള്ള പഴയ ശ്രൗത സ്മാർത്വം ഈ നിലപാടുകളിലൊക്കെ ഒരുപാട് എന്താണ് നിരർത്ഥകതയുണ്ടെന്ന് എന്റെ അഭിപ്രായമാണ് നിങ്ങൾക്ക് നെഗറ്റീവാണെങ്കിൽ തള്ളിക്കള പോസിറ്റീവാണെങ്കിൽ ശരി ആരുടെ ബ്രെയിനാണോ സാർത്ഥകമായിരിക്കുന്നവർക്ക് ശരി ആളുടെ ബ്രെയിനാണോ നിരർത്ഥകമായിരിക്കുന്നവർക്ക് തള്ളിക്കള അതുകൊണ്ട് ഇവിടെ പറയുന്ന ഈ കാര്യങ്ങൾ ഇനി അങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് അപ്പൊ ദുഷ്ടമായ ഞാൻ പറഞ്ഞു തന്നതിന് അധുഷ്ടമായ കർമ്മങ്ങളെ സംബന്ധിച്ച ചോദ്യം വരും എന്തുകൊണ്ടത് നടന്നില്ല അപ്പൊ അവർക്ക് പല സമാധം കർമ്മം എങ്കിലൊന്നും എല്ലാം പറയാം അതിന് ഉത്തരവാദിയല്ല ബ്രഹ്മസൂത്രത്തിനും ഭാഷയും ചർച്ച ചെയ്ത് അവിടെ തന്ന പറ യാഗശാല ചെയ്യുന്ന വൈദികൻ തന്നെ പറയുന്നു ഇതൊക്കെ കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ ഇല്ലേ എന്നൊക്കെ ആർക്കറിയാം ഏത് ഈ വൈദിക കർമ്മം എന്താണ് യാചകൻ തന്നെ ചിന്തിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ മരണശേഷമുള്ള കാര്യങ്ങൾക്ക് അവർക്കും ഒരു ഉറപ്പൊന്നുമില്ല എന്ത് സംഭവിക്കും ആർക്കും ഒരു ഉറപ്പില്ല വിശ്വാസങ്ങളല്ലാതെ മനുഷ്യൻ ബോധ്യപ്പെടാൻ പറ്റിയ ഒരു കാര്യങ്ങളുണ്ട് അതുകൊണ്ട് അവർ പറയണെന്നാണ് എന്താണ് ഈ യജ്ഞശാലകളുടെ വാതിലും ജനനമൊക്കെ കുറച്ച് വലുതാക്കി വെക്കുക കാരണം ഇതിനകത്തുനിന്ന് ശ്വാസം കൂട്ടി ഉള്ളൂ അവരുടെ വിശ്വാസം പക്ഷെ ഇത് വിശ്വസിക്കുന്നവരും മറ്റുള്ളവരെ വിശ്വസിപ്പിക്കുന്നവരുണ്ട് എന്താണ് കർമ്മങ്ങൾ മരണശേഷം ഫലം കൊടുക്കുന്നു എന്നുള്ളത് അവിടെയാണ് ഇവിടെ ചർച്ചു പോകുന്നത് അങ്ങോട്ടാണ് കർമ്മങ്ങൾ നിങ്ങൾ പൗരുഷം കൊണ്ട് നേടാം നിങ്ങൾ കർമ്മങ്ങൾ ചെയ്യണം അത് പൂർത്തിയാക്കണം മറ്റൊന്നിനെ ആശ്രയിക്കണം തീർച്ചയായിട്ടും അതിന് ഭാഗ്യവും ഭാഗതയവും ആദൃഷ്ടവും ഒന്നുമില്ല പൂർ ജന്മത്തിന്റെ സ്വാധീനവും ഇല്ല എന്ന് പറഞ്ഞ് എന്തുകൊണ്ട് ഇവനെ നിർബന്ധപൂർവം കർമ്മത്തിൽ ഏർപ്പെടുത്തുന്നത് ഇവിടെ പറയും എന്താണ് മരണശേഷം ഫലം കിട്ടുന്ന കർമ്മങ്ങൾ അവനെ വിശ്വസിപ്പിച്ചു കഴിഞ്ഞാൽ അവനെന്ത് ചെയ്യും ഇന്ദ്രന്റെ പദവിക്ക് വേണ്ടി നൂറ് അശ്വമേധം ചെയ്യും നൂറശ്വം വേദം ചെയ്യുക എന്ന് വെച്ചാൽ ഓരോ അശ്വേതം ചെയ്യുമ്പോഴും അവന് സർവസ്വം ദാനം ചെയ്യണം പിന്നെ അടുത്ത അശ്വംവേദത്തിനു വേണ്ടി എന്ത് ചെയ്യണം വീണ്ടും സമ്പാദിക്കണം വീണ്ടും ദാനം ചെയ്യണം വീണ്ടും സമ്പാദിക്കണം ഇതാണ് ആൾക്കാരെ പറ്റിക്കേണ്ടത് അപ്പൊ അത്തരം കർമ്മങ്ങളെ കുറിച്ചാ പറയും ഇനി കർമ്മത്തെ കുറിച്ച് ഭക്ഷ്യധാനം എന്താ പറഞ്ഞത് നോക്കാം ഗീതാ ഭാഷത്തിൽ പറയുന്നത് ഒരാള് ഒരു കാമ്യകർമ്മം ചെയ്യുന്നു സാമീകൃതം എന്ന് വെച്ചാൽ ആ കർമ്മ പകുതിയായി കഴിഞ്ഞാൽ അയാൾ അപ്പോഴാണ് അയാൾക്ക് ഈ വേദാന്തമൊക്കെ കേൾക്കാൻ ഒരവസരം കഴിയും അപ്പൊ അയാൾ കർമ്മത്തിന് വിരക്തിയുണ്ടായി അയാൾ കർമ്മം അവസാനിപ്പിച്ചു കർമ്മം അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് കർമ്മഫലം അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല അയാൾക്ക് അവസാനിപ്പിക്കാം അല്ല നിർബന്ധമായും തുടങ്ങി വെച്ച കർമ്മം മുഴുവൻ ചെയ്ത് അതിൻ്റെ ഫലത്തെ പ്രാപിക്കണമെന്നൊരു നിലപാട് അദ്വൈതത്തിലില്ല ഇവിടെയുണ്ട് ഇവിടെ പറയുന്ന പകുതി വച്ച് നിർത്തി പിൻ്റെ രീതിയിൽ അവിടെ പറയുന്നത് എപ്പോഴാണോ നിങ്ങളുടെ ഞാൻ കർമ്മം ചെയ്യുന്നതുകൊണ്ട് മനസ്സിൽ ഏതെങ്കിലും ഫലാഗ്രഹമില്ലാതെ അപ്പൊ അവൻ കർമ്മം ചെയ്യുന്നു അവിടെ വെച്ച് ഉപേക്ഷിക്കുന്നു എന്തുകൊണ്ടും അറിയുവേദത്തിൽ തന്നെ പറയും രണ്ടും തമ്മിലെ വ്യത്യാസം പറയുന്നു രണ്ട് കാഴ്ചപ്പാടുകളും അതുകൊണ്ട് പകുതി വെച്ച് നിർത്തരുത് പൂർത്തിയാക്കി കർമ്മഫലത്തെ നേടണം എന്ന് പറഞ്ഞാൽ അത് അദ്വൈതത്തിന് യോജിക്കുന്ന ഒരു കാര്യമല്ല എന്നാണ് പറഞ്ഞു വരുന്നത് മനസ്സിലായോ നെഗറ്റീവോ പോസിറ്റീവോ ശരി എന്നാ സാർത്ഥമോ എന്ന് പറയുന്നത് വാക്കങ്ങൾ ഔരുക്ഷേണം നിർത്തുന്നതിന് ദോഷമില്ലെന്നാണ് പറയുന്നു നിർത്തി നിങ്ങൾ എന്ത് ചെയ്യണം അതൊക്കെ കളഞ്ഞിട്ട് മോക്ഷത്തിന് വേണ്ടി പരിശ്രമിക്കും ഇതാ ഭാഷിക്കാരന്റെ വ്യാഖ്യാനമാണ് കർമ്മഫലത്തിലുള്ള പ്രലോഭനമാണ് പക്ഷകാലം പറയുന്ന കർമ്മഫലം ഒരിക്കലും മനുഷ്യനെ പ്രലോഭിപ്പിക്കരുത് വിശേഷം കാർമ്മികർമ്മാണ് ഗീത ഭാഷത്തിൽ പറയുന്ന എനിക്ക് ചിത്തശുദ്ധി ഉണ്ടാകട്ടെ എന്നുള്ള ആഗ്രഹത്തോടു കൂടി പോലും കർമ്മം ചെയ്യാൻ പാടില്ല എന്നോട് ഓർമ്മയുണ്ടാവും എനിക്ക് ഈശ്വരന്റെ പ്രസാദം ഉണ്ടാവട്ടെ എന്നുള്ള ആഗ്രഹത്തോടുകൂടി പോലും കർമ്മം ചെയ്യാൻ പോലും അതൊക്കെ സംഭവിക്കും ഉറപ്പാണ് പക്ഷെ അങ്ങനെ ഒരു ആഗ്രഹം പോലും മനസ്സി വയ്ക്കാൻ പാടില്ലെന്നാണ് ഭാഷകാരന്റെ അഭിപ്രായം ഇവിടെ പറയുന്നെന്താണോ പകുതി വെച്ച് നിർത്തരുത് പൂർത്തിയാക്കി കർമ്മഫലത്തന്നെയുള്ള ഇതൊക്കെ ശരിയാവേ ആ കർമ്മകണ്ഡത്തിന്റെ ഭാഗത്ത് ഇതൊക്കെ ശരിയാണ് പൂർവകാണ്ഡത്തിലതൊക്കെ ചെയ്യും പക്ഷെ അദ്വൈതത്തിൽ നിന്നും ചേർത്ത് അദ്വൈതത്തിലൂടെ ഒറ്റ വഴിയുള്ളൂ ത്യാഗം വിട്ടുവീഴ്ച ഇല്ലാത്ത ത്യാഗം ഇത് അടുത്ത് പറയാൻ പോകുന്ന കാര്യമൊന്നും അവിടെ പരിഗണിക്കുന്ന കാര്യമേ എന്താണോ ഓരുഷേന പ്രയുക്തേന അത്രയും ഐശ്വര്യസുന്ദര കസ്റ്റി പ്രാണി വിശേഷവും സക്രതാ സമഭാഗത പൗരുഷേണ പ്രയത്നേന പൗരുഷപ്രയത്നം കൊണ്ട് പുരുഷന്ധ കർമ്മം കൊണ്ട് ത്രൈലോക്യൈശ്വര്യസുന്ദര മൂന്ന് ലോകങ്ങളുടെയും ഐശ്വര്യം ഒത്തുചേർന്ന സുന്ദരമായിരിക്കുന്ന എന്താണോ സക്രതാം ഇന്ദ്രപദവി കസ്റ്റിത് പ്രാണി വിശേഷം ചിലർ സമൂഹം പ്രാപിച്ചു എന്ന പദവിയെ പ്രാപികമാക്കി മരിച്ചതിന് ശേഷമായി ജീവിച്ചിരുന്നു എന്നിട്ടില്ല ഒരാള് തൃശങ്കൂ ജീവനോടെ സ്വർഗത്തുമായി ശ്രമിച്ച കഥയൊക്കെയാണ് നടക്കുന്ന കാര്യം അവിടെ വെച്ച് അവിടെ പുറത്തു കളു മരണശേഷം ആണ് പറയുന്നത് എന്താണ് നല്ല കർമ്മം ചെയ്തു വലിയ പദവിയെ പ്രാപിക്കാം എന്ന് പറഞ്ഞിവിടെ പ്രലോഭിപ്പിക്കുന്നു അത് എന്താണ് അങ്ങനെ പറയുന്നതിനും തെറ്റൊന്നുമില്ല എന്നുണ്ട് യാം ഒഴിപ്പിതാം മാം പ്രകൃതി അഭിഭിത വേദവാദര ഭഗവാൻ പറയുന്നത് എന്താണ് ഇങ്ങനെയുള്ള മനോഹരമായ വാക്കുകൾ എങ്ങനെയാണ് പറയുന്നത് ത്രൈലോക്കൈശ്വര്യസുന്ദര പറയുന്ന വേദവാദരന്മാരും അങ്ങനെ അങ്ങോട്ട് പോകാമെന്നൊക്കെ പറയുന്നു അവിടെ ഭക്ഷണകാലം പറയുന്ന ഇത് അദ്വൈതത്തിന്റെ ഗ്രന്ഥം എന്നാണ് പറയുന്നത് യോജിക്കുന്നു എവിടെയാണ് പഠിച്ചത് ഇന്ദ്ര പദവി അങ്ങനെ ഒരു സ്ഥാനം കൊണ്ട് മരിക്കുമ്പോ അത് കിട്ടുകയാണെങ്കിൽ നല്ല കാര്യം തന്നെ ഞാൻ വിചാരിക്കും എന്നാ കുറച്ച് പോകാന അവിടെ പോയിരുന്നു അതൊക്കെ ഒന്ന് അനുഭവിച്ചിട്ട് ഇന്ന മോക്ഷം നേടാമെന്ന് ഞാനും ചില ഞാനും ചിന്തിക്കും ചിലപ്പോ നിങ്ങളും ചിന്തിക്കും പക്ഷെ ഇത് ഒരു സ്ഥാനം ഉണ്ടെന്നുള്ളതിന് എന്താ ഗ്യാരണ്ടി നൂറ് അശ്വേദം ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പോകുന്നത് എന്താ ഗ്യാരന്റി ഒരു ഗ്യാരന്റിയില്ല മരണശേഷമുള്ള കാര്യം ആർക്കും അറിയില്ല അപ്പൊ ആ ഒരു കാര്യത്തിനാണ് ഇവിടെ പ്രാധാന്യം കൊടുക്കുന്നത് എന്നിട്ട് വേദത്തിന്റെ പൂർവ്വമാണ് എന്നിട്ട് അദ്വൈതത്തോട് ചേരുന്നില്ല എന്നാണ് ഞാൻ പറയുന്നത് ഇവിടെ കൊണ്ടുവരേണ്ട യാതൊരു കാര്യമില്ല പ്രയത്നത്തിന്റെ മഹത്വത്തെ പൗരുഷേണ പ്രയ എവ യന സഹസ അമ്പോരുഹാസ്പദം കസ്റ്റിതവ ചിതുസം ബ്രഹ്മതം അധിതിഷതി പൗരുഷപ്രയത്നം കൊണ്ടെന്താണ് അമ്പോരുഹാസ്പ്രഹ്മപദം ബ്രഹ്മതാ എന്ന് പറയുന്നു ആ ബ്രഹ്മം എന്നിട്ട് ബ്രഹ്മമാണ് ഒറിജിനൽ ബ്രഹ്മ കശ്ചിദേവചതു ചില ജീവന്മാർ അതിഷ്ഠതി അവിടെ എത്തിച്ചേരുന്നു അതിനെ പ്രാപിക്കുന്നു എന്നാണ് അതിഷ്ഠതി അതിശീൻസ് അധികരണത്തിന് കർമ്മസേന അതിനെ പ്രാപിക്കുന്നു നടത്തുന്നത് അവിടെ പോയിരിക്കുന്നു ചില ജീവന്മാർ അതിനുവേണ്ടി ശ്രമിക്കും ദ്രമിക്കുന്നതിന് എന്താ അവര് അങ്ങനെ ഒരു ബ്രഹ്മലോകം ഉണ്ടെങ്കി പോയിരിക്കാം അദ്വൈതമായിട്ടുണ്ടാവില്ല കർമ്മത്തെ കുറിച്ച് പറയുമ്പോഴും ഉപാസനകളെ കുറിച്ച് പറയുമ്പോഴൊക്കെ അത് പറയാം അദ്വൈതമായിട്ട് ഒന്നും ബന്ധിപ്പിക്കാം ഉം അതിന് ആസ്പദമായിരിക്കുന്നത് എന്താണ് ബ്രഹ്മതാ ഓരോരുത്തരും കുറയും ഗരുടൻ ഭൂജൻ വിഷ്ണുവിന്റെ സ്ഥാനം പിന്നെ ശിവന്റെ സ്ഥാനം ബ്രഹ്മാവൻ ഇരിക്കുന്ന താമരയിലാണോ വളരെങ്കിലും കണ്ടിട്ടുണ്ടോ ട്ടു തന്നെയാണ് അവിടെപ്പെട്ടു ചിതുല്ലാസം എന്ന് വെച്ചാൽ ജീവൻ ചിത്തിന്റെ ഉല്ലാസം ഈ പ്രയോഗം ഭാഷയും മുഴുവൻ പലതീയാണ് ഘട്ടത്തില്ല ചിതുല്ലാസം ജീവൻ അങ്ങനെ ഒരു പേര് പറയൂ ചിതുല്ലാസം കണ്ടൊരു പേരാണ് ഉല്ലാസം എന്നൊക്കെ പേരടാറുണ്ട് ചിത്തിന്റെ ഉല്ലാസം ഭാഷ ഞാൻ കണ്ടിട്ടില്ല മുന്നാരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ കണ്ടുപിടിച്ചുകൊണ്ട് വന്നാൽ കൊള്ളാം ചിതുല്ലാസം ജീവൻ ഇതെവിടുന്ന് വന്നോ ഇത് കാശ്മീരി സെവിസത്തിന്റെ സംഭാവന മാനസോല്ലാസ വാർത്തകൾ അതിന്റെ സ്വാധീനമാണ് അതിന്റെ സ്വാധീന അഭിനയത്തിലേക്ക് വന്നിട്ടുള്ള ഒരുപാട് ഭാഷകാരനെ സ്വാധീനിച്ചിട്ടുണ്ട് അല്പം പോലും കാരണം ഭാഷകാരന് ശേഷമാണ് ഒമ്പതാം നൂറ്റാണ്ട് മുതലാണ് കാശ്മീരി ചൈനീസും ഏകദേശം ഒരു ആയിരത്തി മുന്നൂറുകളെ വരെയാണെന്ന് അതിന്റെ നല്ല കാരണം എന്നു വെച്ചാൽ അതിന്റെ പ്രഗത്ഭന്മാരായ ഉത്പലദേവൻ അഭിനവഗുപ്തൻ ക്ഷേമരാജൻ വസഗുപ്തൻ ഭട്ട അങ്ങനെ ഒത്തിരി പേര് ആ ഒരു കാലഘട്ടത്തിൽ അപ്പം സങ്കടായ നിരവധി ഗ്രന്ഥങ്ങൾ വളരെ പ്രൗഢമായ ഗ്രന്ഥങ്ങൾ ശൈവശാക്തീയ സിദ്ധാന്തം രണ്ടും കൂടെ കൂട്ടിച്ചേർത്തുന്നുണ്ട് ഇന്നിപ്പോ ഇന്നത്തെ മോഡിയ ഗുരുക്കന്മാരും ഒരുപാട് ഭൗരവ തന്ത്രം തന്ത്രാലോ തന്ത്രസാരം അഭിനുപ്തന്റെ സംഭാവനകളാണ് അഭിനവുപ്തൻ ജീനിയസ് ആയി അതിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അധികം ഫിലോസഫിയുണ്ട് പക്ഷേ കൗളകർമ്മങ്ങളാണ് കാളി ഉപാസനം പലതരത്തിലുള്ള ഉപാസനകളും അതുമായിട്ട് ബന്ധപ്പെട്ട കർമ്മങ്ങളും അദ്വൈതമാണ് പക്ഷെ എന്നാൽ തിരക്കളരെ എന്താണ് പാണിനീയ വ്യാകരണം പോലെയാണ് അത് വായിക്കാൻ പോയി കഴിഞ്ഞു പാണിനീയ വ്യാകരണത്തിന്റെ ദോഷം എന്താണോ ഇത് ഒത്തിരി സ്വപ്നങ്ങൾ അറിഞ്ഞിരിക്കണം കൊടുത്തി ഗുണം നാല് ഇത് പ്രാതിപതി മൊത്ത സ്വപ്നങ്ങൾ ഈ സ്വപ്നങ്ങളെല്ലാം ഓർത്തുവെച്ച് വ്യാകരണം മനസ്സിലാക്കുക വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുകൊണ്ടാണ് ആരും അവർ പഠിക്കാറ് ഇതേപോലെയുള്ള സ്വപ്നജടിലാണ് കാശ്മീരി സ്റ്റഡീസ് നൂറുകണങ്കിൽ സപ്നകൾ ഈ സിദ്ധാന്തം മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഈ സപ്നകൾ മുഴുവനും മനസ്സിലാക്കണം അത് എളുപ്പമാണ് കാര്യം പറഞ്ഞ തന്ത്രാദറായിരത്തോളം പതിങ്ങൾ അതിനിടയ്ക്ക് മുഴുവൻ എന്താണ് തത്വങ്ങളും പറയും ശൈവ സിദ്ധാന്തം പറയാൻ കർമ്മങ്ങളും അതിന്റെ നിഗൂഢത ഇതിലെല്ലാം ഉപയോഗിക്കുന്ന ഈ സ്വപ്നകളാണ് പേരുകൾ പിന്നെ പലയിടത്തും പറയാമെങ്കിൽ ബാക്കി ഒരു ഉപദേശത്തും എന്ന് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നിഗൂഢമായി നിഗൂഢമായി പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത് ഈ സ്വപ്നങ്ങൾ നമ്മളെ പിന്നെ നിഗൂഢതകളോടെ അവരുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞ ഇന്നിപ്പോ ഈ കൊറേ കളിയിൽ ഈ കാശ്മീരി ശരിക്കുന്നു പറയുന്നത് പ്രചാരണമെന്നു പറയുന്നില്ല കാരണം ഒരു ആയിരത്തി മുന്നൂറുകളില് കാശ്മീരിൽ അറബികൾ വന്നു ബാളം അറബി കുതിരിയാണ് അവർ വന്ന പിന്നെ എന്താണെന്ന് പറയാനുണ്ടല്ലോ ഇന്നത്തെ കാശ്മീരല്ല അന്നത്തെ കാശ്മീർ എന്ന് പറയുന്നത് ഇന്ന് പാകിസ്ഥാൻ കഴിഞ്ഞിരിക്കുന്ന ഭാഗം ലഡാക്ക് അന്ന് ഇന്ത്യയുമായിട്ട് അടിയിടുന്ന ചൈനയുടെ ഭാഗം പിന്നെ ഇന്നത്തെ കാശ്മീരിൽ ഇതെല്ലാം കൂടി ചേർത്ത് വലിയ ഭൂഭാഗമാണ് അവിടെ ഭരിച്ചിരുന്ന രാജാക്കന്മാരുടെ തലേർത്ത ഈ ഗൂഢവിദ്യയുമായിട്ടിരുന്നവർ കുറെ പേരൊക്കെ എന്ത് ചെയ്തു ജീവനൊക്കെ അടിച്ചു അല്ലാഹു അക്ബർ ഒന്ന് വിളിക്കാൻ തുടങ്ങി അവിടെ തന്ത്രം പോയി കുറച്ചുപേര് ഈ പുസ്തകമൊക്കെ വാരിക്കെട്ടി ഓടി മഹാരാഷ്ട്രയിലേക്കും ഒറീസയിലേക്കും ബംഗാള് വരെ പോയി ജീവൻ രക്ഷി ഇത് പല ഭാഗത്തേക്കും പരന്നങ്ങനെയാണ് തന്ത്രം പല നോർത്ത് ഇന്ത്യയിൽ വിശേഷിച്ച് പരന്ന് അങ്ങനെയും ഇവിടെ ദക്ഷിണേന്ത്യയിൽ വേറെ ഉണ്ടായിരുന്നു ചേവീസും അത് ഈ രീതിയിലുണ്ട് മെയിലുണ്ടാകില്ല മറ്റും സൈനിക സമയമായ അത് ഈ രീതിയിലല്ല അപ്പോൾ അതൊരുപാട് ക്ഷീണിക്കും കാരണം എന്തെങ്കിലും നിഗൂഢ വിദ്യകൾക്ക് ഒരു കുഴപ്പമാണ് ഇവര് നിഗൂഢതകൾ ഞങ്ങൾ അന്ന് അവർ പറയുന്നത് ഇങ്ങനെയുള്ള താന്ത്രികമായ ഉപാസനകൾ ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള താന്തര ഉപവാസകന്മാർക്കൊരു തൃക്കണ്ണ് മൂന്നാമം കണ്ണാണ് ആ കണ്ണു തുറന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും കോപം വന്നവര് കണ്ണ് തുറന്നു കഴിഞ്ഞാൽ അവര് ശിവനാകുകയാണ് ശത്രുക്കളെല്ലാം ഭസ്മമായി ഇതൊക്കെ അന്നത്തെ രാജാക്കന്മാരും മൂഢന്മാരൊക്കെ വിശ്വസിച്ചു പിന്നെ അറബികൾ കുതിരയുമായിട്ട് വന്നപ്പോൾ എന്ത് ചെയ്തു എവടെ തൃക്കണ്ണൊന്നും തുറന്നുമില്ല ഇത് തിപത്തിലും പറ്റി ഈ സ്ഥിതിബത്തിൽ ഇതുപോലെ തൃക്കണ്ണന്മാരുണ്ട് അവര് ബൗദ്ധ താന്ത്രികന്മാരുണ്ട് അവരും പറഞ്ഞു ഞങ്ങളിങ്ങനെ ഒരുപാട് ഉപാസനകൃഷ്ണ ഭയങ്കരമായ ശേഷികളൊക്കെ അപ്പോ അവിടെയുള്ള രാജാക്കന്മാരെ ഇവര് വിശ്വസിപ്പിച്ചു ദലൈ രാമ അവരാണ് ലോകത്തെ ജനങ്ങളാണ് ഇവര് താന്ത്രികന്മാര് രാജാക്കന്മാരെ അങ്ങനെ വിശ്വസിച്ച ഒരാളും നമ്മുടെ നാട്ടിലുണ്ട് അബദ്ധം പറ്റിയ ധാരാണ് വേലത്തമ്പി ദളവ് നമ്മുടെ അടുത്ത് മണ്ണടിയിൽ ഒരു മന്ത്രവാദിയുണ്ട് അടുത്ത് മന്ത്രവാദി പറഞ്ഞു വെള്ളക്കാര് വരുമ്പോ അവസാനം അറ്റ വൈകി പറ്റിയില്ലെങ്കിൽ എന്റെ അടുത്ത് ഞാൻ എന്ത് ചെയ്യും ക്ഷുദ്രം ചെയ്തമാരെണ്ണം കിടത്താവും അവസാനം നിന്ന് ഓട്ടം തുടങ്ങി വേരത്തമ്പി ഓടി ഓടി ഓടി നമ്മുടെ തൊട്ടടുത്താണ് പോയി കാണേണ്ട സ്ഥലം ഈ ചരിത്ര കേട്ടപ്പോൾ ഞാൻ അവിടെ നിന്ന് പോയി എന്നാണ് കമ്പിത്താൻ എന്താ പറയുക മന്ത്രവാദിയുടെ പേര് അതിന്റെ മണ്ഡപമൊക്കെ അവിടെ വേദത്തമ്പി ആദ്യം തന്നെ ആൾക്കാരെ പറഞ്ഞുകൊണ്ടില്ല ഞാൻ വരികയാണ് എല്ലാം തയ്യാറാക്കി വെക്കണം പൂജാ സാമഗ്രികളൊന്നല്ലേ വേലത്തമ്പിയുടെ സ്വഭാവം മന്ത്രവാദിക്ക് നല്ലോണം അറിയാം വേദക്കമ്പിഞ്ഞെത്തുന്നു ചെയ്തു മന്ത്രവാദി ആത്മഹത്യ ചെയ്തു അല്ലെങ്കിൽ വേലത്തമ്പി കൊല്ലും മന്ത്രവാദി ചത്തം അറിഞ്ഞപ്പോൾ വേദത്തമ്മി എം ചെയ്തു ആത്മഹത്യ ബ്രിട്ടീഷുകാരുടെ അതുകൊണ്ട് മരിക്കേണ്ട അത്രയും ധീരനായി പക്ഷെ മൂഢവിശ്വാസികളാണ് ഇവരെല്ലാം ഇത് തന്നെ തിബറ്റിലും പറ്റും തിബറ്റില് ജനങ്ങൾ തിബത്തിന് വളഞ്ഞിരുന്ന് ചൈനാക്കാരോട് യുദ്ധം ചെയ്യുമ്പോൾ ഇവരെ ഭസ്മമാക്കുമെന്നൊക്കെ പറഞ്ഞിരുന്ന എല്ലാമന്മാരെല്ലാം കൂടെ വാരി പിടിച്ചുകൊണ്ട് ഓടയടി ഹിമാലയത്തിൽ കൂടെ മഞ്ഞ കൂടെ അവര് തട രക്ഷിച്ചു അവിടെ നിന്ന് ചൈനക്കാരോട് യുദ്ധം ചെയ്തവരെ ഒറ്റ എണ്ണത്തിന് ബാക്കി വെക്കാതെ അവരെന്ത് ചെയ്തു കശാബി ഒരു തന്ത്രം ഒരു നിഗൂഢവിദ്യ അവിടെയും രക്ഷിച്ചില്ല കാശ്മീരിലെയും രക്ഷിച്ചില്ല രക്ഷിച്ചില്ല അപ്പൊ ഈ നിഗൂഢ ഒരു കുഴപ്പമുണ്ട് എന്താണ് ഇങ്ങനെയുള്ള ഉപാസനകളൊക്കെ ചെയ്താൽ വലിയ ദിവ്യമായ ശക്തികളുണ്ടാവുന്നു അതുകൊണ്ട് ലോകം ഭസ്മമാക്കിയിട്ടുള്ള ഞാൻ പറയുന്നത് ചരിത്രം തന്നെ സംബന്ധമാണെന്ന് തെളിയിച്ച ഞാൻ ഈ പറയുന്ന നെഗറ്റീവായി തോന്നുന്നുണ്ടോ ഇണ്ടോ തോന്നുന്നു ഞാൻ തോന്നുന്നില്ല ഉള്ളൂ ഒരു ഭംഗ്യമാക്കി അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല ശങ്കരായരുടെ അദ്വൈതമെന്ന് പറയുന്നത് ശരിക്കും നിങ്ങൾ മനസ്സിലാക്കിയാണ് അത് ഈ ആത്മീയതയെ ഡിമെസ്റ്റിഫൈ ചെയ് അതുകൊണ്ടാണ് ശുദ്ധ അദ്വൈതം എന്ന് തന്നെ പറയുന്നത് അദ്വൈതത്തെ കുറിച്ച് പറയുന്നുള്ള പിന്നെ കർമ്മത്തെ കുറിച്ച് പറയുന്നു ശങ്കരായർക്കുണ്ടായിരുന്നു മൂഢവിശ്വാസികളൊക്കെ അങ്ങനെ ഇവിടെ ജാഗം ചെയ്ത സ്വപ്നയ്ക്ക് പോവാം അതൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അദ്വൈതം എന്നിവരെ എന്നാ പോയിന്റിലേക്ക് അവിടെ ഒരു നിഗൂഢ ഭാഗം ഇല്ല നിഗൂഢ ഭാഗമൊക്കെ ഒഴിവാക്കാൻ വേണ്ടിട്ടാണ് എന്തിനു ഒഴിവാക്കിയത് ഏ അതിനു വേണ്ടിയിട്ടാണ് വളരെ സിമ്പിൾ നിങ്ങൾ തത്വമസിൽ രേഖക നിങ്ങൾക്ക് അഹംബരഹ്മാസിന് ബോധമുണ്ടാവും അതെന്താണ് വസ്തുതന്ത്രമാണ് കർത്തർ തന്ത്രമാണ് കത്തർ തന്ത്രം എന്ന് പറഞ്ഞു ഞങ്ങൾക്ക് കൂടുതൽ നിങ്ങൾ പരിശ്രമിച്ച് നേടുന്നു നിങ്ങൾ പരിശ്രമിച്ച് പലതും നേടുന്നു എന്ന് തോന്നും നിങ്ങൾ പല തോന്നിയില്ലെങ്കിൽ നിങ്ങളങ്ങനെ വിശ്വസിക്കും വസ്തുതന്ത്രം എന്ന് പറഞ്ഞാലോ ഏ അത് തന്നെ അദ്വൈതം വസ്തുതന്ത്രം പറഞ്ഞെടുക്കാണ് ഇവിടെ പറയുന്നത് എന്താണ് കോരുഷം കൊണ്ട് മോക്ഷം നേടുക രണ്ടും ഇവിടെ കിടക്കുന്നു ഈ വ്യത്യാസം കൃത്യമായി മനസ്സിലാവും ഇത് പറയാതെങ്കിലും ഈ വ്യത്യാസം ഞാൻ എങ്ങനെ പറയും അതുകൊണ്ട് എന്റെ ഒരു അഞ്ഞൂറ് വർഷം ഈ താന്ത്രികന്മാരുടെ പിൻഗാമികൾക്ക് കാശ്മീരി കയറാൻ പറ്റിയില്ല ഈ പശു എടുത്തുകൊണ്ട് ഓടിയവര് അഞ്ഞൂറ് വർഷം കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് കയറും അവര് പിന്നെ പുറത്തൊക്കെ പോയാലും ചില ചില ഗ്രന്ഥങ്ങളൊക്കെ എഴുതി എന്ന് പറയും പിന്നീട് ഒരു പഞ്ചാബി ഒരു രാജാവ് പോയി ആയിരത്തി എണ്ണൂറുകൾ കാശ്മീരി ആക്രമിച്ചിഴ്പ്പെടുത്തി അവരെയൊക്കെ ഒരു പാഠം പഠിപ്പിച്ചു അതിന്റെ ചരിത്രമാണെങ്കിൽ വായിച്ചു അതിന്റെ കിങ്കുളന്മാരായി ബഗ്ദാദിനായി കാശ്മീർ അവിടെയൊക്കെ എന്താ തന്ത്രം ഒരു അത്ഭുത സിദ്ധികളും അവിടുത്തെ പാവപ്പെട്ട ജനങ്ങളെ രക്ഷപ്പെട്ടില്ല കാശ്മീരിന്റെ ഒരു പ്രത്യേകതയുണ്ട് അവിടെ ഉണ്ടായിരുന്ന ജനങ്ങൾ പൊതുവെ പറയുക വളരെ കാലാവസ്ഥ ഉണ്ടായിരിക്കും വളരെ സാത്വികന്മാരായി അതുകൊണ്ട് തന്നെ അവരെ കേട്ടോ വിശ്വസിച്ച് രക്ഷിച്ചോളും ഈ അത്ഭുത സന്ധികളുള്ളവരെന്ന് വിചാരിച്ച് ആരും രക്ഷിച്ചിട്ട് പിന്നെ ഈ സൈവീസത്തെ വീണ്ടും പൊക്കിക്കൊണ്ടുവന്നാണ് ഈ അടുത്ത കാലത്ത് ലക്ഷ്മൺജിന്നൊക്കെ അറിയപ്പെടുന്നത് പ്രസിദ്ധനായ അദ്ദേഹമാണ് ഈ വാസ്തീ ശ്രീകൃഷ്ണത്തിന്റെ ഗ്രന്ഥങ്ങളൊക്കെ കണ്ടെത്തി അടുത്ത കാലത്താണ് വീണ്ടും അതിന് പുനർജന്മം കൊടുക്കുന്നത് വിദ്യാർത്ഥി സ്വാമി പ്രതിവിജ്ഞാദർശനം എന്ന് പറഞ്ഞ എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിന് അത് വളരെ സ്വാധീനിയുണ്ട് പഞ്ചദേശീല തന്നെ നഷ്ടപ്പെട്ടു പോയില്ല അത് ഇന്ത്യയിൽ ലഭിച്ചത് പക്ഷെ അതിന്റെ ഒറിജിനൽ രൂപത്തിൽ പിന്നെ വീണ്ടും കൊണ്ടുവന്ന് ഒരു കാശ്മീരി ദുരാണെന്നോ ബലദേവോ സുഖദേവോ അദ്ദേഹത്തിന്റെ ഒരുപാട് ബുക്കുകളുണ്ട് ഇംഗ്ലീഷ് പിന്നെ ലോകത്ത് പ്രചരിച്ച് എന്ത് ചെയ്തു ഒന്നുകൊണ്ട് ഇംഗ്ലീഷിൽ ബുക്ക് ഇറങ്ങിയപ്പോ സായിപ്പന്മാർ വന്നു ഇപ്പൊ കാശ്മീരി സൈന്സത്തിന്റെ താന്ത്രിക ദീക്ഷയെ കൊടുക്കുന്ന സായിപ്പന്മാർ ഡൊക്കെ പോയി അവരതിന്റെ ആരാധകര് അതിന്റെ പ്രചാരകര് അതൊക്കെ ഈ ഒരു അടുത്ത ഈ ഒരു നൂറ്റാണ്ടിൽ സംഭവിച്ച കാര്യമാണ് അപ്പൊ അതിന്റെ സ്വാധീനം എല്ലായിടത്തും കൊണ്ടെങ്കിലും വന്ന അതാണ് ഈ ചിതുല്ലാസം അതിന് പല ഭാഗങ്ങളും വരും വരുന്ന സമയത്തിനാണ് വിശദീകരിക്കുക ജീവൻ ഈ കാശ്മീരി ശൈവീസ് എന്ന് വളരെ മനോഹരമായൊരു സിദ്ധാന്തമാണ് എന്ന് പറയാം പക്ഷെ അതെല്ലാം പഴിക്കുന്ന പ്രശ്നമെന്ന് പറയുന്നത് എന്താണ് അതിൻ്റെ ഈ കൗളകർമ്മങ്ങളാണ് അത് വളരെ ദുരൂഹവും തന്ത്രസാരം പിന്നെ എന്താണ് പക്ഷെ ഇന്നത് അതിന് നല്ല മാർക്കറ്റാണ് എവിടെ വിദേശത്ത് അതുകൊണ്ടാണ് ഇന്നത്തെ ഈ ആധുനിക ഗുരുക്കന്മാരെല്ലാം അത് മാർക്കറ്റ് ചെയ്തു നിങ്ങൾക്ക് അത് അറിയാൻ പോയാത്ര നിങ്ങൾ അതിന്റെ ഒരു ചെറിയ പരിപാടി തുടങ്ങി കഴിഞ്ഞു ഈ പറയുന്ന യോഗയോഗികളല്ലോ യോഗ യോഗ ഒരു നല്ല മാർക്കറ്റാണ് അതൊന്നും മനസ്സിലാക്കി പ്രയോഗിച്ചു വരും ഈ അടുത്ത കാലത്ത് വന്ന എല്ലാ സബ് ഗുരുക്കന്മാരും മാർക്കറ്റ് ചെയ്ത് ഈ കാശ്മീരി അതാണ് വലിയ പ്രചാരം കാരണം ആൾക്കാർ എപ്പോഴും ഇഷ്ടപ്പെടുന്ന മിസ്റ്റിസിസ് നിഗൂഢതകൾ എന്തോ നിഗൂഢമായി സംഭവിക്കാൻ പോകുന്നറിയുമ്പോൾ ആൾക്കാർ എന്തിനും അവരതിന് പറയുകയും ഒന്ന് സംഭവിച്ചെങ്കിലും അവർക്ക് പരാതി ഒന്നുമില്ല മരണം വരെ ഒന്ന് ആർക്കും ഒരു പരാതിയുണ്ട് ആശയം ഒന്നും സംഭവിക്കില്ല എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ തല്ലവിക്കാൻ പോകുന്നില്ല അതിന്റെ പ്രശ്നമാണ് എന്തോ സംഭവിച്ചോന്ന് പറഞ്ഞ ജീവിതകാലം മുഴുവൻ പോയി ഒന്ന് സംഭവിച്ചില്ലെങ്കിലും ആ ഒരു പരാതി ലോട്ടറി ടിക്കറ്റ് പോരെയാണ് മരണം വരെ അവൻ ടിക്കറ്റ് എടുക്കും അതുവരെ അവർ പ്രതീക്ഷയാണ് അടിച്ചില്ലെങ്കിലും അതൊരു പരാതിയില്ല ആരോട് പരാതി പറയണം സമയം നിങ്ങളെയൊന്നും അവരെ പ്രതീക്ഷിക്കരുത് ഇതെടുക്കരുത് ഇതൊരു തട്ടിപ്പാണ് നിങ്ങൾക്കിത് കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളോടും ദേഷ്യപ്പെടും പണി നോക്കാൻ പറ്റും അതുപോലെയാണ് ഇതിൻ്റെ അതായത് മനുഷ്യനെപ്പോഴും പ്രതീക്ഷ വേണ്ടതാണ് ആ പ്രതീക്ഷയ്ക്ക് പറയുന്ന പേരാണ് ശുഭപ്രതീക്ഷ ശുഭേച്ഛ എന്നും പറയും അത് നല്ലതാണ് ഈ പ്രതീക്ഷ എന്ന് പറയുന്ന മൂഢപ്രതീക്ഷ ആയിക്കഴിഞ്ഞാൽ അവൻ്റെ ജീവിതം ലൈഫ് വേസ്റ്റായിപ്പോയി പ്രതീക്ഷ വേണ്ടെന്നുള്ള മനുഷ്യനെപ്പോഴും മുന്നോട്ട് നയിക്കുന്ന എന്താണ് അവരുടെ എപ്പോഴും വേണം ഏ അതല്ലേ നമ്മൾ പോയി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാനെന്താണ് ശുഭപ്രതീക്ഷയെ കുറിച്ച് പറയുമ്പോഴത്തേക്കും നിങ്ങൾ പറയുന്നത് അതൊക്കെ നെഗറ്റീവാണ് പിന്നെ എങ്ങനെയാണ് തിരിച്ചറി പിന്നെ എങ്ങനെയാണ് തിരിച്ചറി അത് നമ്മുടെ ബ്രെയിനിലന്നു ഇതൊക്കെ നമ്മുടെ ബ്രെയിനനുസരിച്ചിട്ടാണ് ഏ ഹിമാലയത്തിൽ പോയി അവിടേക്ക് കറങ്ങിയിടുന്നത് എന്നോടാണോ ഇമാലയത്തിന്റെ കാര്യങ്ങൾ ഏ ഇമാലയവിന്റെ പിന്നെ ഏ ഉം അത് ഞാൻ പറഞ്ഞല്ലോ ആ വിശ്വാസത്തിന് ശുഭപ്രതീക്ഷ നല്ല കാര്യങ്ങളുടെ വിശ്വാസം ഗുരുവിന്റെ വിശ്വാസത്തെ കുറിച്ചാണോ ചോദിച്ചത് അപ്പോ ഒരു ഗുരു എന്ന് പറയുന്നത് ശിഷ്യന്മാരെ കബളിപ്പിക്കുന്ന ആളാണോ ആണോ അല്ലല്ലൊരു ഗുരു എന്ന് പറയുന്നത് ഒരാളെ ശരിയായ മാർഗത്തെ നയിക്കുന്ന ആളാണ് വിശ്വസിക്കുന്നതെന്താ തെറ്റും ഒരു തെറ്റുമല്ല ഗുരു എന്ന് പറയുന്നത് എന്താണോ ഇവനെ ചൂഷണം ചെയ്യുന്നവൻ ആണെങ്കിൽ ആ വ്യക്തി ഗുരുവാകും ശിഷ്യനെ ചൂഷണം ചെയ്യുന്നവനാണ് അത് ഞാൻ തിരിച്ചറിയുന്ന കാര്യം പറയാൻ നമ്മൾ പറയും നെഗറ്റീവാണ് അവിടെയെന്ത് പ്രശ്നം അവിടെയാണ് പ്രശ്നം അതായത് ഗുരു എന്ന് പറയുന്നത് ശിഷ്യനെ സന്മാർഗത്തിൽ നയിക്കുന്നവനാണ് അപ്പൊ അവന്റെ ഗുരുവിന്റെ ലക്ഷ്യം എന്ന് പറയുന്ന ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ് ആ അവന്റെ ആത്മീയമായ വികാസം ആത്മീയമായ വികാസത്തിന് വേണ്ടി അവന് ശരിയായ കാര്യങ്ങൾ അവന് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് അപ്പോ അവിടെ എന്ത് വരുന്നു ഗുരു ശിഷ്യനെ മനസ്സിലാക്കുന്നു ശിഷ്യൻ ഗുരുവിനെയും മനസ്സിലാക്കുന്നു പ്രശ്നമൊന്നുമില്ല ആത്മീയതയുടെ വിഷയം ഏ ഏത് സംഭവിക്കാൻ പോകുന്നത് തിരിച്ചറിവ് സംഭവിച്ചോ അത് എന്റെ ഇത്രയും എന്റെ ഇത്രയും കാലത്തെ എന്റെ അഭിപ്രായം ഞാൻ പറയണം പ്രിൻസിലൊ നമ്മള് എന്താണ് ഈ പോകുന്നവൻ ഒരു ആത്മീയ ജിജ്ഞാസ് അവന് ശരിയായ ഒരു ആത്മീയ ജിജ്ഞാസ ഉണ്ടാവുക അവന്റെ ഭാഗത്ത് അവന് ശരിയായ വിവേകം അവന്റെ ഉള്ളിൽ ഉണ്ടാവുക ജിജ്ഞാസുവിനോ വിവേകം ഉണ്ടാവും അല്ലെ ഇപ്പോ ഞാൻ ഈ പറയുന്ന രീതിയിലുള്ളെങ്കിലും ഒരു ആത്മീയ ജിജ്ഞാസുവിന്റെ ആദ്യത്തെ ഗുണം പറയുന്നത് നിത്യാനിത്യവസ്ത്ര വിവേകം എന്നാണ് വിവേകത്തെ ആദ്യം പറയും അപ്പോ അവനൊരു ലക്ഷ്യബോധം ഉണ്ടായി ആധ്യാത്മിക ഇതാണ് ഏതൊരു മനുഷ്യനായാലും ശരി നന്മകളെ തിരിച്ചറിയാൻ പറ്റുമെന്നാണ് ഞാൻ മനസ്സിലാവുന്നത് നന്മകളെ അവന് തിരിച്ചറിയാൻ പറ്റും ശരി അവന് തിരിച്ചറിയാൻ പറ്റും അവൻ്റെ ഉള്ളിൽ ശുഭേച്ഛ ഉണ്ടെങ്കിൽ എന്നാണ് അപ്പോ ഒരു കള്ളനാണെങ്കിലും ഒരു കള്ളനാണ് അവൻ എന്ത് ചെയ്യുന്നു അവൻ കള്ളത്തരങ്കളെല്ലാം തിരിച്ചറിയും അവൻ അന്വേഷിച്ചു കിടക്കുന്നത് എന്താണ് എന്നെ കള്ളം പഠിപ്പിക്കാൻ പറ്റിയ ഒരു ഗുരുവിനായിരുന്നു നല്ല കള്ളനായ ഒരു ഗുരുവിനായിരുന്നു കാൽക്കള്ളനാണെങ്കിൽ അവൻ മുഴുക്കള്ളനെ അന്വേഷിച്ചിടും അതിന്റെ കൂട്ടത്തി അല്ല അവന്റെ ഉള്ളിലെന്താണ് അവൻ ശുഭേചയാണ് അവന്റെ ഉള്ളിൽ ഒരു വിവേകമുണ്ടെങ്കിൽ ഒരു വെളിച്ചം അവന്റെ ആത്മീയ വികാസത്തിനും പറ്റിയ ഗുരുവിനെ അവൻ കണ്ടെത്തും അപ്പം അവനെന്തെയ്യും ആ ഗുരുവിൻ്റെ നിർദ്ദേശം തൻ്റെ ശുഭേച്ഛയ്ക്ക് അനുകൂണമാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ ആ വഴിക്ക് സഞ്ചരിക്കും അപ്പം ആത്യന്തികമായി അവൻ്റെ ഉള്ളിലിരിക്കുന്ന താല്പര്യമാണ് അവിടെ വെറുത്തൻ ഗുരുവിനെ സമീപിക്കുന്നു അവൻ്റെ ആഗ്രഹം എന്താണ് അങ്ങനെ പോകുമ്പോൾ അതിന്റെ പിന്നിലേക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ എന്റെ ഇന്നത്തെ അറിവെച്ച് പറയും അത് നിങ്ങളുടെ ബ്രെയിൻ എങ്ങനെയാണ് അതുപോലെ എന്ന് പറയും അവസാനം അങ്ങനെ പോകും വിഭ്രാന്തികളില്ലാത്ത ഒരു ബ്രെയിനാണ് തീർച്ചയായും ഗുരു പറയുന്നത് മനസ്സിലാക്കും എന്നെ ശരിയായ മാർഗത്തിലേക്ക് നയിക്കാനാണ് ഗുരു പറഞ്ഞു തരുന്നത് സത്തായ ഉപദേശങ്ങളാണ് ഗുരുവിന് എന്നെ സംബന്ധിച്ച് എന്താണ് സ്വാർത്ഥതയും ചൂഷണങ്ങൾ എഴുതാം മനസ്സിലാക്കും അപ്പൊ ഗുരുവിന്റെ മാർഗനിർദ്ദേശം അനുസരിച്ച് അവൻ ആത്മീയ മാർഗത്തിൽ മുന്നോട്ട് പോകും അവനെന്താ സംശയം അവന് ഗുരുവിനെ സംശയം കാണത്തില്ല ഗുരുവിന് ശിഷ്യനെ സംശയം കാണത്തില്ല അപ്പൊ ഗുരു ശിഷ്യ എന്ന് പറയുന്നവന മുമ്പോട്ട് പോകും അത് അവിടെ നിന്നും ശരിയായ മാർഗമാണെങ്കിലും അവനവൻ പ്രശ്നം അവിടെ വരുത്തുന്ന ഗുരുവിന്റെ ആവശ്യമുണ്ടും ഗുരുവിനെ ശേഷിയെ സഹായിക്കാറുണ്ട് കഴിയും പിന്നെ എന്താണ് വിഭ്രാന്തികൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളെവിടെ ചെന്ന് കൊടുമെന്നോ നിങ്ങളെ ആരാണ് നയിക്കുന്നതെന്നോ നിങ്ങളെങ്ങോട്ട് കൊണ്ടുപോകുന്നു എന്നോ എന്നൊക്കെ തിരിച്ചറിയാൻ ഭ്രാന്തി പറയുന്നില്ലേ എന്തോ അത്ഭുതം സംഭവിക്കും മൂന്നാം കണ്ട് തുറക്കം ഇങ്ങനെയൊക്കെയുള്ള വിശ്വാസങ്ങളാണ് ആത്മീയതയിലും മനുഷ്യൻ നേടേണ്ടതെന്നാണ് അവന്റെ ശാന്തി സമാധാനം സന്തോഷം സന്തോഷമാണ് അനത്തമസുഖലാകും ഇത്രയും വലിയ സമാധിയെ കുറിച്ചൊക്കെ പറയുന്നു പതഞ്ജലി പറയുന്ന എന്താണ് സന്തോഷം സന്തോഷം സമാധാനം ഇത് തന്നെ ഒരാൾ ആത്മീയത നേടേണ്ടത് അത് ആത്മീയതയുടെ വിഭ്രാന്തിയല്ല ബ്രെയിനിന്റെ വിഭ്രാന്തി ആത്മീയതയിലേക്ക് കൊണ്ടുവരുന്നതാണ് ആ ബ്രെയിനിൽ വിഭ്രാന്തിയുള്ള ഒരു ആത്മീയതയിലേക്ക് വരുമ്പോ അവർ നിലാമത്തിറങ്ങി മുറുക്കന്മാരെ പോലെ അവരുടെ അവിടെയാണ് ഈ പോസിറ്റീവും നെഗറ്റീവും അത് അവർക്ക് ഒന്നും തിരിച്ചറിയാൻ പറ്റുന്നില്ല പിന്നെ അങ്ങനെയുള്ള ആൾക്കാരും ഒരു ശരിയായ ഗുരുവിൻ്റെ അടുത്താണ് എത്തുന്നതെങ്കിൽ എന്തു അവർക്ക് ആധ്യാത്മികമായി വലിയ പുരോഗതിയൊന്നും ഉണ്ടാകത്തില്ലെങ്കിലും അവർക്ക് ഗുരുവിന്റെ സംരക്ഷണം അതാണ് കൂടെ കുറെ എണ്ണത്തിലെ സംരക്ഷിച്ചിരിക്കുന്നത് ഗുരുവിന്റെ ഒരു സംരക്ഷണം കിട്ടും അത് സംഭവിക്കും അല്ല അവർക്ക് പുറത്ത് ജീവിക്കാൻ പറ്റത്തില്ല അവരാണ് ഈ നെഗറ്റീവും പോസിറ്റീവുമായിട്ട് ഇങ്ങനെ നടക്കുന്നത് അവരിങ്ങനെ പ്രവർത്തിക്കും പക്ഷെ എന്താണോ ഒരു സംരക്ഷണയിൽ അവർക്ക് ജീവിക്കാവുന്ന നല്ല കാര്യമില്ല സമൂഹം ബഹിഷ്കരിക്കുന്നവരെയൊക്കെ ഗുരുക്കന്മാര് സംരക്ഷിക്കുന്ന പിന്നെ കുറച്ച് ബ്രെയിനൊക്കെ നോക്കാനാണെങ്കിൽ അവർക്ക് ആ സാഹചര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി മുന്നോട്ട് പോകാനും പറ്റും അവരിലേ ഈ പറയുന്ന കാര്യം ഭഗവാൻ പറഞ്ഞ കാര്യം വിജയിക്കത്തുള്ളൂ എന്താണ് ഉദ്ധരേത് ആത്മനാത്മാനം ആത്മാനം അവസാദ ഏത് അവിടെ അവിടെ വർക്ക് ചെയ്യത്തുള്ളൂ മറ്റു സ്ഥലത്തൊന്നും വർക്ക് ചെയ്യുന്ന മറ്റേത് വെറും റോബോട്ടുകളാണ് ഇവിടെ നിങ്ങളുടെ നിങ്ങളുടെ ബ്രെയിൻ വിഭ്രാന്തികളെയാണ് ശ്രദ്ധിക്കുന്നതെങ്കിൽ റോബോട്ടുകളാണ് അവിടെ പിന്നെ എന്താണ് നിങ്ങൾക്ക് ഒരു സംരക്ഷണം കിട്ടുന്നതിന് ഏറ്റവും വലിയ കാര്യം എന്ന് കരുത്തും കൂടുതൽ ആഗ്രഹിക്കുന്നു അവർ ചിലപ്പോ ഇങ്ങനെയുള്ള അരുതാത്ത പ്രതീക്ഷകളൊക്കെ വയ്ക്കും എന്തെങ്കിലും അവര് ചിന്തിക്കും നടക്കത്തില്ല അതൊക്കെ സംഭവം അപ്പൊ ഈ എല്ലാ കൂട്ടറും എല്ലായിടത്തും അതല്ലേ ഞാൻ എപ്പോഴും പറയാറില്ലേ അഹിംസ മാത്രം ഉപദേശിച്ച് ലോകത്തിന് നന്മ മാത്രം ആഗ്രഹിച്ചു ബുദ്ധനെയും സ്വന്തം ശിഷ്യയും കൊല്ലാൻ ശ്രമിച്ചു എന്തുകൊണ്ട് വിഭ്രാന്തിയുള്ള ആളായിരുന്നു ബുദ്ധനെന്താ വിചാരിച്ചു അവനും ഒരു സംരക്ഷണം ഇരുന്നു എന്ന് വിചാരിച്ചു പക്ഷെ അത് ചിലപ്പോ അപകടം വിഭ്രാന്തിയുള്ള ശിഷ്യന്മാരെ സംരക്ഷിച്ചു കഴിഞ്ഞാൽ ആ ശിഷ്യന്മാർ ചിലപ്പോൾ ഗുരുവിനെ ആക്രമിക്കാനും തന്നെ ഇത്തിരി റിസ്ക്കുള്ള കാര്യമാണ് എന്നാലും ചില ഗുരുക്കന്മാരെന്തെയ്യും റിസ്ക് എടുക്കും അത് അവരുടെ കാരുണ്യം കൂടുതലുള്ളോട്ടെനിക്കൊന്നും നഷ്ടപ്പെടാനില്ല എന്തോ അതുകൊണ്ട് മനുഷ്യന് അവന്റെ ആധ്യാത്മിക ജീവിതത്തിൽ ഈ പറയുന്ന പരലോകം ഇങ്ങനെയുള്ള കാര്യങ്ങളും മനുഷ്യനൊരു ബോധമില്ലാത്ത കാര്യമില്ല ഇന്ദ്രപദനി ചക്രപദി മറ്റേ ഇതൊക്കെ ഈ കേവലം ഈ ഒരു വിശ്വാസ പരമ്പരയിലല്ലേ ഇതൊക്കെ ഉള്ളു ലോകമനുഷ്യ എന്താണ് മനുഷ്യരെ കേവലം പതിനഞ്ച് ശതമാനത്തെ ജനങ്ങളുടെ ഒരു ന്യൂനപക്ഷത്തിന്റെ വിശ്വാസമാണ് ഈ പദവികൾ കേവലം ഭൂരിപക്ഷം ആത്മീയ പാരമ്പര്യങ്ങളൊന്നും അംഗീകരിക്കുന്നില്ല എന്നൊക്കെ മനസ്സിലാക്കുന്നു നമ്മളെന്തോ കൂടിയ ആൾക്കാരാണ് ഇതൊക്കെ വിശ്വസിക്കുന്നത് ആർഷ സംസ്കാരം സനാതനം മണ്ണാങ്കിലൊക്കെ പറഞ്ഞിരിക്കുന്ന മിഥ്യാഭിമാനങ്ങളൊന്നും യാതൊരു അർത്ഥവുമില്ല അവിടുത്തെ ഭൂരിപക്ഷം ആത്മീയ വിശ്വാസങ്ങളൊക്കെ ലോക ജനസംഖ്യയുടെ മുപ്പത്തിനാല് ശതമാനത്തോളം വരുന്ന ക്രിസ്ത്യാനികളും ഇരുപത്തി അഞ്ച് ശതമാനത്തോളം വരുന്ന മുസ്ലിങ്ങളും ഒന്നിത് അംഗീകരിക്കുന്നു കേവലം പതിനഞ്ച് ശതമാനത്തിൽ താഴെ വരുന്ന ഹിന്ദുക്കളിൽ ഒരു മൂന്നോ നാലോ ശതമാനം പോലും വരത്തില്ല ഇതൊക്കെ അംഗീകരിക്കുന്നത് ഇവിടെ മനസ്സിലാവും ലോകത്തെക്കുറിച്ച് പോകണം അതിനൊന്നും കാര്യമായിട്ടില്ല നിങ്ങൾക്ക് ജീവിതത്തിൽ സന്തോഷം സമാധാനവും ശാന്തിയും കണ്ടെത്താൻ പറ്റുന്ന ആത്മീയമായി ഇപ്പോഴും അത്രയും എന്റെ ഇന്ന് വരെയുള്ള അന്വേഷണത്തിന് എനിക്ക് ബോധ്യപ്പെട്ട കാര്യമാണ് അത് വേണമെങ്കിൽ സ്വീകരിക്കാൻ തള്ളി ഞാൻ പറയുന്നതെന്ന് മനസ്സിലാക്കണം യാതൊരു നിർബന്ധം എനിക്ക് അതും അല്ലാതെ വേറെ വാനം നോക്കികളായി ജീവിക്കുന്നതിനൊന്നും ോക്കി മനസ്സിലാവും വിവിധ ദർശനങ്ങൾ വെച്ച് ആകാശങ്ങളിലേക്ക് നോക്കിയിരിക്കുന്നവരെ പോലെ നോക്കുന്ന ജീവിക്കുന്നതിലും യാതൊരു അർത്ഥം എന്റെ എന്റെ എന്റെ ഒരു കാഴ്ച നിങ്ങൾക്ക് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും അതുകൂടെ ഇടയ്ക്കിടയ്ക്ക് ബാക്കിയെല്ലാം ഞാൻ നിരർത്ഥമായി ഞാൻ ബാക്കിയുള്ള എല്ലാ കാര്യം ഈ പറയുന്നത് എന്താണ് പിന്നെ സേനയുടെ വിരുടധ്വജം കശ്വിമാനെയോ പുരുഷോത്തമദം എന്നും അതിൽ പുരുഷാർത്ഥം കൊണ്ട് എന്താണ് കശുദേവ കുമാൻ വിരുടധ്വജം വിഷ്ണുവിന്റെ പദത്തെ പ്രാപിച്ചു പാലാഴി അവിടെ താമരല്ലേ അവിടെ എന്താണ് സർപ്പം അതിന്റെ പുറത്ത് അങ്ങനെയിരിക്കുന്നു അങ്ങനെ ചിലര് ഇവിടെ ചില മനുഷ്യരെന്ത ചെയ്തു പരിശ്രമം കൊണ്ട് അവിടെ എത്തിച്ചേർന്നുള്ളൂ ഇതെന്താണ് ഈ പറയുന്നത് ഒരു ചായക്കടക്കാലം പരിശ്രമിച്ച് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായെന്നൊക്കെ പറയുന്ന പോലെ എന്തെങ്കിലും ഭൗതിക യാഥാർത്ഥ്യനാകുന്നുണ്ട് ആ പറയുന്ന നമ്മളെ കണ്ണിങ്ങിന്റെ തോമ്പി കാണുന്ന കാര്യമാണ് അതൊക്കെ സംഭവിക്കു മനസ്സിലാക്കിയ നല്ലത് ഇനി അവിടെ തീർന്നില്ല പോരുഷനെയോ യേന ലനന വലുതാകും ശരീരം വസ്തുദേവനെയതാ ലനന എന്ന് പറഞ്ഞ മിനി അതുകൊണ്ട് വലിതമായ രൂപത്തോടുകൂടി അർദ്ധനാരീശ് ആരാണെ ചന്ദ്രചൂഢ് ചിലരൊക്കെ ഇവിടെ പരിശ്രമിച്ചിട്ട് പൗരുഷം തന്റെ പ്രയത്നം കൊണ്ടന്നെയ്യുന്നു ശിവനായി ഇതൊക്കെ കാരണമായി പറയുന്നതെന്നാണ് പൗരുഷം കൊണ്ടൊക്കെ സാധിക്കുന്നു ശരി ഈ ലോകത്ത് കാര്യങ്ങൾ നമ്മളിപ്പോ രക്ഷപ്പെട്ട് നമുക്ക് നേടാൻ പറ്റും കഴിഞ്ഞാൽ നമുക്ക് അതിനൊരു മോട്ടിവേഷനായിട്ട് പ്രയത്നത്തിന് പ്രാധാന്യമുണ്ട് നമ്മൾ ബോധിപ്പിക്കുകയാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എന്താ അർത്ഥമാണ് ഞാൻ ഞാൻ എത്തിച്ചേരാ ഇതേ പുരാണങ്ങളിൽ തന്നെ പറയുന്നതാണ് ശിവൻ എന്ന് പറഞ്ഞാൽ ഈശ്വരൻ വിഷ്ണു എന്ന് പറഞ്ഞാൽ ഈശ്വരനാണ് അപ്പൊ എന്താ മനുഷ്യൻ പരിശ്രമിച്ച ഈശ്വരനാവും അൽപഞ്ഞനായിരിക്കുന്ന മനുഷ്യൻ പരിശ്രമിച്ചാൽ സർവജ്ഞനും സർവശക്തനുമായി ഈശ്വരനാവും ഈ പറയുന്ന ശാസ്ത്രങ്ങൾക്കൊക്കെ വിരോധമാണ് നടക്കുന്ന കാര്യമുണ്ട് ഒരു ജീവനും എത്ര പരിശ്രമിച്ചാലും സർവജ്ഞത്വം സർവശക്തിത്വം എന്ന് കണ്ടത് ഈ പറയുന്നതിൻ്റെ തർക്കം അർത്ഥമില്ലാത്ത കാര്യങ്ങൾ പ്രാക്തനോ അദ്ദേഹത്തിനെ ആശം പുരുഷാർത്ഥമേ രത്നവർത്തി ഗടാമി പ്രജ്ഞോത്സാഹ സമന്യതയെ നേരത്തെ ചോദിച്ച ചോദ്യമാണ് നമ്മൾ വളരെ പരിശ്രമിച്ച എന്തും നേടാമെന്നുള്ള പരിശ്രമം കൊണ്ട് മാത്രം അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഭാഗ്യം വേണ്ടേ ജീസാർ പ്രമാണസ് ആസ് opinion വേറെ പ്രമാണം പുരാണങ്ങളൊക്കെ എല്ലാം കാണും എന്താ എഴുതി ചോദിക്കാം വയ്യാത്തത് ഇല്ല എന്ന് പറയുന്നതും നല്ല എനിക്കറിയില്ലെങ്കിലും ഉണ്ടെന്ന് പറയുന്നതാണ് എന്തുകൊണ്ട് ഇത് എന്ത് വേണം എഴുതി ചോദിക്കാം മനുഷ്യന്റെ ഭാവന ഇല്ല എന്ന് പറയാൻ പറ്റില്ല അതൊക്കെ ഇതിനെയൊക്കെ നമുക്ക് അർത്ഥമാകും പറയുന്നതാണ് പറയുന്നതിന് നിങ്ങളൊരിക്കലും അതിന്റെ അർത്ഥത്തിൽ എടുക്കരുത് ഇതൊരു പ്രോത്സാഹനം ഒരു ഒരു പ്രോത്സാഹനം എന്തായാലും പറയുന്നതിനൊക്കെ ഇതങ്ങനെ ഇതാണ് അങ്ങനൊക്കെ ഒരു ഗ്രന്ഥമല്ലോ അദ്ദേഹത്തിന്റെ പറയുന്ന ഒരു ഗ്രന്ഥമല്ലോ അവിടെ ഇതൊക്കെ ഇതൊക്കെ നമുക്ക് പറയാം എവിടെയാണ് പത്താം ക്ലാസ്സിൽ പരീക്ഷ എഴുതുന്ന പിള്ളേരോട് ഇതൊക്കെ പറയാം അവർക്ക് നമുക്ക് ഒരു ക്ലാസ് കൊടുക്കുമ്പോൾ ഇതൊക്കെ പറയാം വേണമെങ്കിൽ പ്ലസ് ടുവിനും പറയാം വേണമെങ്കിൽ ഡിഗ്രിയും പറയാം അവിടെയൊക്കെ ഇത് പറഞ്ഞാൽ എടുത്തു പരിശ്രമിച്ച നേടാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരു ഊർജം കൊടുക്കും അതിനൊക്കെ അങ്ങനെയല്ല പറഞ്ഞു കൊടുക്കുന്നു നീ പഠിക്കണം പഠിച്ച റാങ്ക് കിട്ടുമൊന്നും ആരും എന്താണോ പറഞ്ഞു കൊടുക്കാറുള്ളത് കാരണം അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവനൊരു ടെൻഷനുണ്ടാകത്തി പഠനത്തിന് പ്രയോജനം എന്താണോ പ്രചോദനം കൊടുക്കുന്നത് ഞാൻ എന്താ പറയുന്നത് മോട്ടിവേഷൻ കൊടുക്കുന്ന എന്താണോ ഫുൾ പ്ലസ് എന്നോ അല്ലെങ്കിൽ റാങ്ക് എന്നോ അങ്ങനെയല്ല പറഞ്ഞു അത് ഡിപ്രഷൻ ഉണ്ടാക്കും അങ്ങനെ അല്ല എന്ത് പറയും പിന്നെന്താണ് നിന്റെ കഴിവിനനുസരിച്ച് പരിശ്രമിക്കുക ഇനി മെച്ചപ്പെടുക എത്രപേറെ ഇനി ഒരു നല്ല റിസൾട്ട് ഉണ്ടായി അല്ലാതെ ഇങ്ങനെയുള്ള പുതിയ ടാർഗറ്റുകളും ആരും പറഞ്ഞുകൊണ്ടാൽ അത് അബദ്ധം ഇവിടെ പറയുന്നത് എന്താണ് പ്രാക്തനം ഐഹികം ചെയ്ത് വിവിധം വിധി പൗരുഷം പൗരുഷ ഗന്ധതത്തിലുള്ള എന്താണ് പൂർവ്വജന്മത്തിന് ചെയ്ത കർമ്മങ്ങളും ഈ ജന്മത്തിൽ ചെയ്യുന്ന കർമ്മങ്ങൾ പൂർവ ആ ജന്മത്തിൽ കർമ്മങ്ങളിൽ നമ്മൾ ഭാഗ്യം വിധി എന്നൊക്കെ പറയും അതാണ് അത് ഇപ്പം ഈ ജന്മത്തിൽ പ്രത്യക്ഷപ്പെടുന്നതാണ് ഈ രണ്ടുമുള്ളത് എന്താ പറയുന്നത് പ്രാക്തനോ അത്യന്തനേ പൂർവജന്മത്തിൽ ആ ചെയ്ത കർമ്മത്തിന്റെ ഫലങ്ങൾ വിധി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഭാഗ്യം എന്നൊക്കെ പറയുന്നതെല്ലാം ഈ ജന്മത്തിലെ കർമ്മം കൊണ്ട് അതിനെല്ലാം വെച്ചാൽ അതിനൊന്നും നിങ്ങളിൽ യാതൊരു സ്വാധീനം ചെലുത്താൻ പറ്റില്ല നിങ്ങളുടെ പൗരുഷം കൊണ്ട് നിങ്ങൾ മുമ്പ് എന്തൊക്കെ സമ്പാദിച്ചു വെച്ചിട്ടുണ്ടെങ്കിലും അതിനെല്ലാം ജയിക്കാം ഈ പറയുന്നതിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ അപ്പൊ ഭാഗ്യം എന്ന് പറയുന്നതിനെ നിഷേധിക്കുകയാണ് അല്ലെ അപ്പൊ നമ്മൾ പൂർവകർ ജന്മത്തെ അംഗീകരിക്കുകയും ആധുനിക ശാസ്ത്രജ്ഞ കാഴ്ചപ്പാടാണ് ഒരു ഒരു വിഭാഗ ശാസ്ത്രജ്ഞന്മാരുടെ അവർ കാഴ്ചപ്പാടാണ് അവർ പറയുന്നത് യാദൃച്ഛികത എന്ന് പറയുന്ന ഒന്ന് ഈ പ്രപഞ്ചത്തെ സംഭവിക്കുന്നേ ഇല്ലല്ല എന്ത് പ്രാപഞ്ചികമായ സംഭവങ്ങൾ നമുക്ക് യാദർച്ഛ്യമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒന്നും യാദർച്ഛണ്ടാണ് പിന്നിൽ വ്യക്തമായ കാരണമുണ്ട് അത് നമുക്കറിയാൻ പറ്റില്ല അതിനെ കുറിച്ചാണ് പറയുന്നത് ബട്ടർഫ്ലൈ എഫക്റ്റ് കേട്ടിട്ടുണ്ട് അത് കുറച്ച് കോൺട്രവേഴ്സിയാണോ അതിനെ കുറിച്ച് പടക്കങ്ങൾ നടത്തുന്നേ ഉള്ളൂ അവർ പറയുന്നത് എന്താണ് എൻ്റെ ഒരു മറയുന്നതാണ് ബ്രസീലിൽ ഒരു എന്താണ് ഒരു ചിത്രശലകം ഒരു ചിറകും ജീവിച്ചു കഴിഞ്ഞാൽ ടെക്സാസിൽ അതെന്തായിട്ട് വരും ഓടിയൊരു കൊട്ടൻകാറ്റ സൈക്ലോനായിട്ട് വരും പൂർണമായി തന്നെ കളയുന്നില്ല പക്ഷെ അതിന് അവർ പറയുന്ന അത് അക്ഷരാർത്ഥത്തെ എടുക്കണ്ട മനസ്സിലാക്കാൻ വേണ്ടി പറയുന്ന പ്രപഞ്ചത്തിൽ എന്താണോ എല്ലാം പരസ്പരം സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നു ഏതെങ്കിലും സിനിമ ഒരു കാരണമുണ്ട് അപ്പൊ നമ്മൾക്ക് ആ കാരണം കണ്ടെത്താത്തതുകൊണ്ട് നമ്മൾ യാത്ര ചെയ്യുമെന്ന് പറയാം എന്ന് പറഞ്ഞാൽ അതിന് ഒന്ന് മനസ്സിലാക്കേണ്ട എന്താണ് ഒരു കാരണം കൊണ്ട് ഒരു കാര്യം സംഭവിക്കുന്നത് ഒരുപാട് കാരണങ്ങളുണ്ട് നമ്മൾ വെറും അധിപജ്ഞന്മാരാണ് പ്രപഞ്ചത്തെക്കുറിച്ച് പറയുന്ന വർഷം കഴിഞ്ഞാൽ മനുഷ്യൻ എന്തറിവാണോ സമ്പാദിക്കുന്നത് അതിന്റെ നാല് നാല് ശതമാനം പോലും ഇപ്പൊ മനുഷ്യന്റെ ഇല്ലെന്നാണ് അതിന്റെ നാല് ശതമാനം കുറിച്ചുള്ള മൊത്തം അറിയില്ല ഇരുന്നൂറ് വർഷം കഴിഞ്ഞ് മനുഷ്യൻ സമ്പാദിക്കുന്നവരാപ്പോൾ അതിന്റെ നാല് ശതമാനം പോലും ഇപ്പൊ മനുഷ്യന്റെ ഇല്ല പരമാവധി നാല് ശതമാനം അതിന്റെ സ്റ്റാറ്റിറ്റിക്കലായിട്ടുള്ള പഠനങ്ങളിൽ നിന്ന് കണ്ടെത്തുന്നതാണ് ചില മാത്തമറ്റിക്കൽ കാൽക്കുലേഷനിലൂടെ കണ്ടെത്തുന്നതാണ് ഈ കാര്യങ്ങൾ തള്ളിക്കളയാൻ പറ്റില്ല അപ്പം അത്രയും മനുഷ്യന്റെ അതും വളരെ പരിമിതമാണ് എന്നിട്ടാണോ പറയുന്നത് എന്താണോ പൗരഷം കൊണ്ട് നമ്മൾ എന്ത് വിചാരിച്ചാലും സാറി അവിടെ പുനർജന്മത്തെ അംഗീകരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം പൂർവജന്മത്തിന്റെ പോലും സ്വാധീനമില്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് വരും ഞാൻ മുമ്പ് ആര് വിചാരി ചെയ്യുന്ന യേശുദാസിനെ പോലെ പാടാൻ പറ്റും എന്തുകൊണ്ട് ജന്മസിദ്ധമായി പാട്ടിന്റെ ജ്ഞാനം ഞാൻ ഉണ്ടെങ്കിൽ പൗരുഷം കൊണ്ട് തന്നെ പാട്ട് കാരണം നടക്കുന്ന കാര്യമാണ് ജന്മസിദ്ധമായി പാട്ടിന്റെ ജ്ഞാനം ഉണ്ടെങ്കിലേ പുനർജന്മവിശ്വാസം അനുസരിച്ച് അത് പൂർവ്വ ജന്മത്തിൽ നിന്നും ഒന്നാണ് ജന്മസിദ്ധമായി ചിത്രം വരയ്ക്കാനുള്ള സ്വാധീനം ഉണ്ടെങ്കിലേ സ്കൂളിൽ പഠിപ്പിക്കുന്ന കാലത്ത് ആദ്യം പഠിപ്പിക്കുന്നത് കൊടം വരച്ചാണ് പഠിപ്പിക്കുന്നത് ഞാൻ പലരും ചിന്തിച്ചു കൊടം വരച്ച എന്നെ കൊണ്ട് പഠിച്ചില്ല ഞാൻ വരച്ചു കഴിഞ്ഞാൽ കലക്കോ എന്തുകൊണ്ട് എന്റെ കൊണ്ടും അതിന്റെ വാസനയില്ല പിന്നെ ഞാനത് കളഞ്ഞു എനിക്ക് ചിത്രകരണ ആഗ്രഹമേ ഇല്ല ഇപ്പൊ പൂർവ്വ ജന്മത്തെ അംഗീകരിക്കണേ പൂർവ്വജന്മത്തിൽ നിന്ന് വന്ന വാസ്തവുള്ളവരെ പറ്റും എനിക്കത് എന്റെ സ്വന്തം കാര്യം പറയണം അപ്പൊ പൗരുഷം കൊണ്ടൊരു രോഗ ചിത്രകാരനാകും പാട്ടുകാരനാകും ഓടാൻ പറ്റും ചാടാൻ പറ്റും എന്തെങ്കിലും പറ്റും എവിടെ പറയുന്നത് എന്താണോ പ്രാക്തനം ദൈവം ലവിധം പൗരുഷം പ്രാക്തനോ അദ്ദേഹത്തിന് ആശുപത്രി പുരുഷാർത്ഥം നൽകിയതേ പ്രാർത്ഥനമായ കർമ്മങ്ങൾ ഇതാണ് ഇന്നുള്ള പുരുഷാർത്ഥങ്ങളും ആശുചിയതയും വളരെ പെട്ടെന്ന് തന്നെ അതിനെ നമുക്ക് ജയിക്കാൻ വേണ്ടി നമുക്ക് ഭാഗ്യം വിധി ഇതിനെയൊക്കെ ജയിക്കാൻ വേണ്ടിയുള്ള ഒന്നുകൂടെയുണ്ട് അതുകൊണ്ട് പറഞ്ഞു യത്നമൃത്തി ഗടാഭ്യാസം പ്രക്ഷംസാസേലി ജീവിതം ദൈവ പരിശ്രമം ഉണ്ടെങ്കിൽ എന്താണോ ദൃഢാഭ്യാസം നിരന്തരം അഭ്യാസം കൊണ്ടിരുന്നു കഴിഞ്ഞാൽ പ്രജ്ഞ ഉത്സാഹം നിങ്ങൾക്ക് നല്ല ബുദ്ധിയുണ്ടെങ്കിൽ നല്ല ഉത്സാഹമുണ്ടെങ്കിൽ മേലെ പോലും നിക്കുകയും ചെയ്ത് നിങ്ങൾക്ക് ഹിമാലയ പർവ്വതത്തെ വിഴുങ്ങാമണം എങ്ങനെ തുടങ്ങണം ആദ്യം അവിടെ പോകണം എന്നിട്ട് ഓരോ കല്ലായിട്ടൊക്കെ വായിലിടണം കുറേശ്ശെ കുറേശ്ശെ കുറെശ്ശെ ഇവിടെ പറഞ്ഞാണോ ദഭ്യാസം വേണം എന്നും പരിശ്രമം വേണം കുറച്ച് കഴിയുമ്പോൾ എന്തു ചെയ്യും ഹിമാലയം നിങ്ങളുടെ വാഗ്ദാനം എന്ന് പറഞ്ഞാൽ ശരിയാവില്ല നീ വയ്ക്കാൻ വേണ്ടി ആൾക്കാർക്ക് അറിയാം അതുകൊണ്ട് അവർ പറയുന്നെന്താണ് ഈ പറയുന്നത് നിങ്ങൾ ഒരുപാട് ഉപാസന വലിയ ശക്തിയൊക്കെ പ്രാപിച്ചു കഴിഞ്ഞാൽ പ്രളയകാലത്ത് നിങ്ങൾക്കും എന്ത് ചെയ്യാൻ പറ്റുന്നു ഹിമാലയത്തെയൊക്കെ എടുത്ത് വിഴുങ്ങാൻ പറ്റും ശിവൻ എന്തെങ്കിലും എല്ലാത്തിനും എഴുങ്ങുന്നില്ലേ തന്നെ വിലയിപ്പിക്കുന്നില്ലേ പ്രളയത്തിൽ അതുപോലെ അങ്ങനെയുള്ള ശേഷി ഉണ്ടാവും അങ്ങനെ നിന്നും ശിവനാകും എന്നിട്ട് അപ്പൊ പൗരുഷം കൊണ്ടിന്നും നേടാവുന്ന അപ്പോൾ എന്താണ് ഈ പറയുന്നതിൻ്റെ കഴമ്പ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക പിന്നെ മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിനെ കൊടുക്കാം നെഗറ്റീവായിട്ട് കൊടുക്കാൻ ഞാൻ പറഞ്ഞിരിക്കുന്നത് അത്